പിന്നീട് നമ്മുടെ ദൂതന്മാരെ നമ്മൾ തുടർച്ചയായി ഓരോ സമുദായത്തിലേക്കും അവരുടെ ദൂതൻ വന്നപ്പോഴെല്ലാം അവർ അദ്ദേഹത്തെ നിഷേധിച്ചു അങ്ങനെ നമ്മൾ അവരെ ഒരാൾക്കു പിന്നാലെ മറ്റൊരാളാക്കി മാറ്റുകയും അവരെ വെറും കഥകളാക്കി മാറ്റുകയും ചെയ്തു വിശ്വസിക്കാത്ത ജനത നാശമായി കൊള്ളട്ടെ